നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് എനിക്ക് ആലോചിക്കേണ്ട കാര്യമല്ലേ കാരണം വച്ചാൽ എന്റെ അംഗത്തിന്റെ ഭാഗ്യം കഴിഞ്ഞു അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് തിരിശേഷിപ്പൊക്കെ നിങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ശേഷിപ്പില്ലാത്ത ഞാൻ എന്തിനാ അതിനെപ്പറ്റി ബേജാറാവണം ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും നിങ്ങൾ വിഷമിക്കും ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ചാസ്ത്രം പറയും നിങ്ങൾക്ക് വിഷമിക്കാനാണ് വിധിയെങ്കിൽ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും എനിക്ക് ചോദ്യങ്ങൾ വലിയ ഇഷ്ടമാണ് ചോദ്യം നിങ്ങളുടെയും ഉത്തരം എൻ്റെയും ആണെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അതാണ് സത്യതല്ലേ ഞാൻ പറഞ്ഞത് സത്യമല്ല അപ്പൊ ധർമ്മവും സത്യവും നീതിയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ നിങ്ങളെ ആരോ അലിഞ്ഞു മുറിക്കൊണ്ട് നിങ്ങളത് പൊട്ടിക്കുന്നില്ല പക്കടാകുമ്പോൾ അത് പൊട്ടിക്കുന്നു അത്രയുള്ളതിന്റെ കാര്യം നിങ്ങളും ഇഷ്ടപ്പെടുന്നതാണ് അത് മകൻ പഴച്ചതിന്റെയോ കഥ തള്ള പറയുമ്പോഴും ഒരു ഇക്കിളി തള്ളക്കുണ്ടാ പറച്ചില്ലാ ആധുനിക കാലത്ത് പഴയ കാലത്ത് ഒരു ചളിപ്പുണ്ട് ഇന്ന് പറയുമ്പോ ഒരു ഇക്കിളി ഉണ്ട് ആരോടെങ്കിലും പറയാണ് അവിടെ ഇങ്ങനെ ഒരു കുഴപ്പത്തിലൊക്കെ ചെന്ന് ജാഡി എന്ന് പറയുന്ന ഒരു ഇക്കിളി അവിടെയാ പറയുന്നത് പഴയ കാലത്താണെങ്കിൽ ചളിപ്പ് അവിടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അതാണെന്നല്ലേ വിചാർത്ഥം എന്നിട്ട് നിങ്ങളതിന്റെ മാധ്യമത്തെ കുറ്റം പറയുന്നെ അവൻ ഇത് ആസുണ്ടാക്കാൻ വെച്ചോണ്ടിരിക്കുന്ന നിങ്ങൾ വായിക്കാനുള്ളതുകൊണ്ടല്ലേ അവൻ ഇതായി തരുന്നത് ശരിയല്ല നിങ്ങൾ ആരും ഇത് മേടിക്കുക അല്ലെങ്കിൽ അവന് എഴുതി ഒന്ന് നിർത്തി വായിക്കേ നിങ്ങൾ ഇത്രയും പേര് നിർത്തിയാ മതി കാലിടൂ പറഞ്ഞു അങ്ങനെയാ സമിതി ഈ അങ്ങോക്കെ വരില്ലേ കാശ് കൊടുക്കാൻ വിശുക്കാനാണെങ്കിൽ ട്രെയിനെ ചേർന്ന് ഉളിഞ്ഞു നോക്കി വായിക്കും ഇതൊരു നാട് നന്നാക്കാൻ ഇറങ്ങുക ഭാഷ കടുത്തു പോയെങ്കിൽ ഉദ്ദേശിച്ചു മാപ്പ് നൽകുക എന്നൊരു പ്രശ്നം വരുമെന്ന് എനിക്ക് അറിയാമോ പടയം കരപ്പുലസ് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം അതല്ലേ നല്ലത്വര കണക്കുകൾ നോക്കിയാൽ കുടിയന്മാർ പുകവലിക്കാർ എന്നിവരെക്കാളൊന്നും ഇല്ലാത്തവർക്ക് അർബുദം കാണുന്നുണ്ട് ജനസംഖ്യ ആനുപാതികമായി ഏ ഇത് സ്ഥിതി വിവരക്കണ കൊണ്ട് വ്യക്തമായ സ്ഥിതി വിവരക്കണ അവിടെയൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ നിയമമൊക്കെ വേണം പുകവലി ലാരിസിൽ പ്രശ്നങ്ങൾ അത് കപപ്രവൃത്ത പഠനങ്ങളെ മൂക്കസ് മെമ്പറൈനുകളെ ബാധിക്കുമെന്നതും സത്യമാണ് തർക്കവൊന്നുമില്ല ഉള്ളതുള്ളതുപോലെ കാണാം പുകവലിച്ചാൽ മൂക്കസ് മെമ്പറൈൻസിനെ അത് ബാധിക്കും ലാരിസിൽ അത് പ്രശ്നം ഉണ്ടാക്കും അത് സത്യമാണ് അന്നപഥത്തിൽ പൈലോറിക് പ്രദേശം അർബുദാനുഗാമിയാണെന്നത് പരക്കേ അതി ഉള്ളതാണ് അതിന് പുകവലി വേണ്ട അതുകൊണ്ട് ആഹാര വ്യവസ്ഥയില് അനാവശ്യമായ ഉപവാസം പോലും മതി പൈലോറിക് പ്രദേശം കൊള്ളാൻ അധികം ചൂടുള്ള ആഹാരം മതി ഹോട്ട്രിങ്ക്സ് എല്ലാം അത് ചൂടായ കൂടുതൽ മുളകുപയോഗിച്ചാൽ മതി പൈലോറിങ് പ്രദേശത്തെ ബാധിക്കാൻ അതറിയാം കുറച്ച് കഴിയുമ്പോ ഒരു ചൂടുവായു ഇവിടെ തട്ടുന്നതായിട്ട് തോന്നും നാലു ദിവസം ഒന്ന് കിടന്നിട്ട് ആഹാരം കഴിച്ചു ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു ചൂടുവായു ഇവിടെ തട്ടുന്നതായിട്ട് തോന്നും അവിടുത്തെ കോശഭിത്തികളൊക്കെ ദ്രവിക്കും അത് പിന്നീട് അർബുദാനുഗാമിയായ കോശങ്ങൾ അർബുദത്തിന്റെ സ്വഭാവവും കാണിക്കാൻ തുടങ്ങും ഉൾപ്പുഴുക്കുണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ വിദാഹിയുമായ ആഹാരം ഇവയൊക്കെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാൽ ആ കുറച്ച് നീളം വിട്ടാൽ ആ പൈലോറിക് പ്രദേശം കുറച്ച് മില്ലിമീറ്ററേ ഉള്ളൂ അത്രയെന്ന് വിട്ടാൽ അവിടെ അങ്ങ് വിട്ടാൽ കുടൽ ക്യാൻസർ രോജനകൾക്കെല്ലാം പ്രതിരോധമാകുന്നു എന്നതും സത്യമാണ് എന്തെല്ലാം സാധനം കിടന്നു എന്നാലും അതിനെ പ്രതിരോധിക്കുവാൻ കുടലിന് ശക്തിയുണ്ട് ചെറുകുടലിനൊക്കെ വളരെ ശക്തിയാവുള്ളൂ കിഡ്നിക്ക് വരെ പ്രവർത്തിക്കാൻ കഴിവുണ്ട് പഴയ ആളുകൾ മൂത്രം പോകാതായാൽ വയറിളൊക്കെ ആദ്യം ചെയ്തിരുന്നത് അതറിയാൻ അമ്മമാർക്കിപ്പോൾ അറിവില്ലാന്നുകൊണ്ടാണ് ഈ ഡയറിസെല്ലാം വന്നത് മുടിയും പോവിയത് ഈ രാജ്യത്ത് എടുക്കുന്നതല്ലാത്ത ഈ ക്ലൈമറ്റിന് ചേരാത്ത വസ്ത്രവും അണിഞ്ഞ് ഒരു വാനിറ്റി ബാഗും തൂക്കി നടക്കുന്നു ഉള്ള സുഗന്ധദ്രവ്യങ്ങൾ പൂശിയെന്നല്ലാതെ ആവൽസന്ധിയിൽ ചെയ്യേണ്ടതാണ് എന്താണെന്ന് അറിയാവുന്ന ഒരു തലയും ജീവിച്ചിരിപ്പില്ല കോമൺ ഒഴിച്ചുള്ള എല്ലാ വിദ്യാഭ്യാസവും തലയിലുണ്ടാവും േ അന്താരാഷ്ട്ര നിയമങ്ങളെ കുറിച്ചും അന്താരാഷ്ട്ര പ്രശ്നങ്ങളെ കുറിച്ചുമൊക്കെ പെണ്ണുങ്ങൾക്ക് വിവരം ഉണ്ടാവും ഒരു കൊച്ചിന് ഒരു പനി വന്നാൽ എന്താണ് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയുക വിവരം ഇല്ല ശേഷം വരുന്നില്ലേ സത്യാണ് ആ ആര് പ്രസിഡന്റ് ആകണം പെണ്ണാകണോ ആണാകണം ആര് പഞ്ചായത്ത് ഭരിക്കണം എത്ര സംവരണം കിട്ടണം ഇതിനെ ഏത് തരം സാരിയാണ് ഇപ്പൊ നല്ലത് ഇതിനെ കുറിച്ചൊക്കെ വലിയ വലിയ ചർച്ചകള് നിങ്ങൾ നടത്താറുണ്ട് പക്ഷെ മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നേരിട്ട് നടത്തുവരുമ്പോ തലച്ചോറിനകത്ത് ആടിരിപ്പില്ല എന്നുള്ള ഒരു സത്യമാണ് ഇതൊക്കെ സ്വാമി ഇങ്ങനെ പരസ്യമായിട്ട് പറയാവോ അല്ലെ അത് ആലോചിച്ച് നോക്ക് നേരണം കേട്ടിട്ട് എന്താ പറയണ്ട വെറുതെ അഭിമാനിക്കണ്ട ഇവർ പറഞ്ഞോട്ടെ ശരിയാണോ ഏ അത്ര ശരിയാണോന്ന് തോന്നുന്നുണ്ടോ ശരിയാണോ അത് മാറണം അപ്പൊ പണ്ടുകാലത്തൊക്കെ കൊച്ചിന് മൂത്രം പോയില്ലെങ്കിൽ വീട്ടില് നല്ല ആവണക്കെണ്ണം സുരക്ഷുവെച്ചിട്ടുണ്ടോ ചുക്കൊരു കഷ്ണമായിട്ട് പാല് കാച്ച അതിലേക്ക് രണ്ട് സ്പൂൺ ഒഴിച്ച് പക്ഷിക്കാൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കൊന്ന് വയറിളകും ആ വെള്ളം മുഴുവനൊക്കെ പോവും അതിനകത്ത് യൂറിയയൊക്കെ പോവും അപ്പൊ കൃത്രിമ വൃക്ക എന്ന നിലയിൽ വേറൊരു വൃക്ക വെച്ചുപിടിപ്പിക്കാതെ ഡയാലിസിസ് ഉപകരണം ഇല്ലാതെ ഇതെല്ലാം പുറത്തുപോയി കിട്ടി ആ വിശ്രമ സമയം കൊണ്ട് വൃക്ക പിക്കപ്പ് ചെയ്യും അതുകൊണ്ടാ അന്നത്തെ കാലത്ത് കൊണ്ട് ഡയാലിസിന് പോവാത്തത് ഇപ്പൊ എല്ലാത്തിനെയും കാണാം ക്യൂവില് ഒരു ഉപകരണം ഉണ്ടായ മുപ്പതെണ്ണമാണ് മുപ്പത് എണ്ണമാ ഡയാലിസിന് ഇരിക്കുന്നത് രാവിലെ മുതൽ ശരിയല്ല ഔണക്കെണ്ണ കൊടുത്തു കഴിഞ്ഞാൽ ഈ കച്ചവടം നടക്കുകയില്ല അത് ആരാ സമ്മതിക്കലാത്തേ ഡോക്ടറോ നിങ്ങളുടെ കഴുത്തിന് പിടിച്ചോ സ്വന്തം മക്കൾക്ക് എന്ത് കൊടുക്കണം എന്ന് അവരോട് തീരുമാനിക്കണ്ടേ അത് ശരി മക്കള് സമ്മതിക്കല്ല സമയത്തോഷണം കൊണ്ടൊന്നും സംഭവിക്കില്ല ആ തോന്നലാ പ്രശ്നം അതുകൊണ്ടാ കൊടുക്കാൻ പറ്റാത്തത് അതുകൊണ്ട് അന്നത്തെ കാലത്ത് എളുപ്പമുണ്ട് അതിനുള്ള കോമൺ സെൻസ് ഉണ്ട് അതില്ല ചികിത്സിച്ചിട്ട് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമായി മനസിലായില്ല ഏ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമായി രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം വന്ന് രണ്ടാമത് ചെല്ലുമ്പോ ഡോക്ടറല്ല മെഡിക്കൽ ഷോപ്പുകാരൻ പുനർനവാദികൾ സായും ചന്ദ്രപ്രഭാകുടിയെ പുനർനവാസവും ഇനി ഇതൊന്നും കഴിച്ചു നോക്കുന്നത് കുറുക്കൊന്നുമില്ല അവന്റെ വരാ കടയിലൊക്കെ ചെന്നാൽ കാണാം ഡാവറിന്റെ പുനർനവാസവും എടുത്തു വെച്ചാൽ ഡാവരീക്കുക നേരിവാണ് ഇതൊന്നും കഴിച്ചു നോക്കാൻ എവിടെ എത്തി നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് ഈ ചെന്ന ആളിന് വല്ല സൈഡ് എഫക്റ്റും ഉണ്ടാവും ഇതുവരെ വലിച്ചു കയറ്റതിന്റെ സൈഡ് എഫക്റ്റുമായിട്ടായി നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും കറക്റ്റ് അല്ലെന്ന ഞാൻ പറഞ്ഞത് ഏതാണ് കറക്റ്റ് അല്ല എന്നത് അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇത് കാര്യം മനസ്സിലാവും ക്യാൻസർ രോജനികൾക്ക് അങ്ങനെയൊന്നുണ്ടെങ്കിൽ അവയ്ക്ക് ഇതില്ലെന്നാണ് നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നത് മുമ്പുള്ള തുടക്കത്തിൽ കുടല് പ്രതിരോധ്യമാണ് അതാണ് അത്ഭുതകരമായ സത്യം എന്നാൽ പൈലോറി പ്രദേശത്ത് കേവലം മില്ലിമീറ്ററുകൾ കുറച്ച് മില്ലിമീറ്റർ ദൂരം മാത്രമായി ഇതാ പറ്റിയിരുന്നു ക്യാൻസർ രോജനകളുടെ ലോകങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നീന്തി പുരുഷനേക്കാൾ സ്ത്രീകളിൽ ഉൽപാദനേന്ദ്രിയ ക്യാൻസറുകൾ കൂടുന്നു ഇതും പഠിക്കേണ്ടതാണ് അർബുദം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ൈംഗിക അവയവങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസർ സ്ത്രീകളിലാണ് പുരുഷനേക്കാൾ എന്നാൽ ഇന്ത്യയിൽ ഇതുണ്ടാ വരുതാത്തതാണ് ഇന്നും സാമാന്യം മര്യാദ ജീവിക്കുന്നത് സ്ത്രീകളാണ് അത് മറന്നുകൊണ്ടല്ല പറയുന്നത് സാമാന്യം മര്യാദയുള്ള ലൈംഗിക ജീവിതം പുലർത്തുന്നത് അധികവും സ്ത്രീകളാണ് തകർന്നു രംഗം എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞ്ചിന് താഴേക്ക് പ്രായമുള്ളവരില് വൈകല്യങ്ങൾ കൂടുതലുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പൊതുവെ മര്യാദക്ക് ജീവിക്കുന്ന സ്ത്രീകളായിരുന്നിട്ട് കൂടി ലൈംഗിക അവയവങ്ങളിൽ വരുന്ന ക്യാൻസറുകളുടെ എണ്ണം പുരുഷന്മാരുടേതിനേക്കാൾ പതിന്മടങ്ങാണ് സ്ത്രീകൾ അർഹതത്തെ പഠിക്കുമ്പോൾ അത് നോക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല കാണാറുമില്ല മനസ്സിലാക്കിയിട്ടില്ല ഇത് വളരെ പ്രത്യേകതയുള്ള രംഗമാണ് എന്ന ചികിത്സാശാസ്ത്രപരമായ അറിവ് ഇത് ചികിത്സാശാസ്ത്രത്തിൽ നിന്ന് പരക്കെ അറിയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള അറിവാണ് ബാഹ്യ ക്യാൻസർ യോജനകൾക്കുമേൽ കുറ്റങ്ങൾ ആരോപിച്ച് ചികിത്സിക്കുന്നതിന്റെ അർത്ഥശൂന്യതയെ ബോധ്യപ്പെടുത്തേണ്ടതാണ് മനസ്സിലായില്ല ക്യാൻസർ ഓജനികളെ പഴി പറഞ്ഞ് ചികിത്സിക്കുമ്പോൾ ക്യാൻസറോജനകൾക്ക് നടുക്ക് പുരുഷനും സ്ത്രീയും ജീവിച്ചിരിക്കെ ലൈംഗിക അവയവങ്ങളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ രോഗങ്ങൾ വരുമ്പോഴെങ്കിലും കുറ്റം ക്യാൻസർ തലയിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ വൈദ്യശാസ്ത്രം ഒരുങ്ങേണ്ടതാണ് തൊട്ടതൊക്കെ അല്ലയോ ആഹാരം കഴിക്കാൻ മേലായിട്ടുണ്ട് മനസ്സിലായില്ല ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് കാപ്പിപ്പൊഴി ക്യാൻസറോ ജനിക്കാണ് അമേരിക്കയിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു പകൃതി വരും ഒരാഴ്ചത്തേക്ക് കാപ്പി തയ്ക്കും ഒരാഴ്ച കഴിഞ്ഞു പിന്നെയും കുടിക്കും മലയാളി ഒരാഴ്ചത്തേക്കായി ബസ് ഫയർ കൂട്ടിയാൽ ഒരാഴ്ചത്തേക്ക് യാത്രയില്ല പിന്നെയാ വേണ്ടി വളർന്നു മലയാളിക്ക് ഒരാഴ്ചത്തേക്കേ ഉള്ളൂ മന്ത്രദീർത്ഥം മേടിച്ചാലോ ഒരാഴ്ചത്തേക്ക് ജപിക്കും ഏ ഒറ്റയാഴ്ചത്തേക്ക് അടച്ചു പിടിച്ചിരുന്നു ഗ്രഹമാണ് അപ്പൊ അനിയും ചേട്ടനോട് പറയുവ ഒരാഴ്ച എഴുതിയേട്ടാ ഇതൊക്കെ ഇങ്ങനെ അറിയാൻ വരികയല്ലേ നമ്മൾ ഇതത്ര കണ്ടതാ മലയാളിയുടെ ഈ പോക്കെല്ലാം ഒരാഴ്ചത്തെ ഡ്യൂറേഷനേ ഉള്ളൂ ശരിയല്ല ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ യോജിക്കുന്നില്ല അതുകൊണ്ട് ക്യാൻസറോജനികൾ അതിനെ പഠനങ്ങൾ അതിൻ്റെതായി എഴുതി വച്ച പ്രബന്ധങ്ങൾ അതിലൂടെ പി എച്ച് ഡി നേടിയ ആളുകൾ അവർക്ക് രാഷ്ട്രം കൊടുക്കുന്ന ശമ്പളം വിചിത്രമാണ് അതീവ വിചിത്രമാണ് കർമ്മകാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയൊരു സിദ്ധാന്തം രൂപപ്പെടുത്തുമ്പോൾ ആ കർമ്മത്തിന്റെ കാരണം കർമ്മ സ്വരൂപം കർമ്മഫലം ഇവയെല്ലാം അറിയേണ്ടതാണ് കാരണം അറിഞ്ഞ് അതിനെ തടയുന്നതിനുള്ള പ്രവൃത്തി അതിൻ്റെ ഫലം എന്നിവയെല്ലാം സമഗ്രമായി യോജിപ്പിക്കേണ്ടതാണ് അങ്ങനെ യോജിപ്പിച്ചല്ല ഈ പഠനം വന്ന് ഈ ക്യാൻസർ രോജനികളെ പഠനം വന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ ബോധ്യമാവും അർബുദത്തിന്റെ കാര്യത്തിൽ ഇത് ശരിയാകാറില്ല അതിന്റെ കാരണം അതിൻ്റെ ഫലം അത് കാര്യങ്ങൾ ഇവയെ പഠനങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ ഈ സിദ്ധാന്തം ശരിയായിട്ടില്ല എന്ന് ബോധ്യമാവും ഇൻവിട്രോ പഠനങ്ങളിൽ പോലും നമ്മൾ രണ്ടു പഠനം നേരത്തെ പറഞ്ഞു കുറച്ചു കോശങ്ങൾ മാത്രമാണ് അർബുദ പരിണാമത്തിന് വിധേയമാകുന്നത് എല്ലാ കോശങ്ങളുമില്ല പ്രാഗ് സ്വഭാവികളായ പ്രീ ക്യാൻസർ സെൻസ് പ്രാഗ് സ്വഭാവികളായ കോശങ്ങളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് മുൻവിധി അനുസരിച്ച് നീങ്ങുന്ന കോശങ്ങളാണ് അർബുദത്തിന് കാരണമാകുന്നത് നേരത്തെ കോശങ്ങളാണ് അർബുദത്തിന് വിധേയമാകുന്നത് അവ അർബുദമായി തീരുമാനം അങ്ങനെയാണ് കണ്ടുവരുന്നത് മൃഗങ്ങളിലും മറ്റും നടത്തിയ പരീക്ഷണങ്ങളിൽ ക്യാൻസറോജനായിട്ടുള്ള അർബുദവാഹികളെന്നറിയപ്പെടുന്ന പദാർത്ഥങ്ങൾക്ക് സമ്പർക്കം ഉണ്ടാവും വിധം കോശങ്ങളെ തുറന്നു വെച്ചിട്ട് അർബുദം ഉണ്ടാക്കി എന്ന് പറയുന്നത് വളരെ വളരെ കുറച്ചെണ്ണത്തിന് മാത്രമാണ് ആ പഠനങ്ങളൊക്കെ എടുത്തു വെച്ച് നമുക്ക് പഠിച്ചു നോക്കാം വളരെ കുറച്ചെണ്ണത്തിന് മാത്രമാണ് അവിടെ പരിണമിച്ച കോശങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ുംബാരത്തിൽ സൂചി തരയുന്നത് പോലെയാണെന്ന് റോങ്കോളജിസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട് മനസ്സിലായില്ല ഒരു വൈക്കോൾ കൂനെ കേരളത്ത് ഒരു സൂചി തപ്പിയെടുക്കുന്നത്ര ബുദ്ധിമുട്ടാണോ എഴുതിയിരിക്കുന്നത് ഇത്ര എഴുതി കഴിയുമ്പോഴേക്ക് കച്ചവടക്കാരും റിസർച്ചുകാരും എക്സിക്യൂട്ടീവ്സും ചേർന്ന് കണ്ടെത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പേപ്പർ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു പിറ്റേ ദിവസം കച്ചവടം തുടങ്ങി അതാണ് ഈ രംഗത്തെ ഏറ്റവും വലിയ വിഷമം ഇതൊക്കെ നിനക്ക് പഠിച്ചു നോക്കാം വളരെ വ്യക്തമായി കാണാവുന്നതാണ് അതേ ഉപയോഗിച്ചതാണ് ഞാൻ മലയാളത്തില് നിങ്ങളോട് ഇപ്പൊ പറഞ്ഞത് അത്ര വിഷമമാണ് അർബുദം ഒരന്തസ്ഥിത ചോദനയാണ് അനുവാദമില്ലാതെ അകർത്ത് കടക്കരുതെന്ന് പോസ്റ്റ് ഓഫീസിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായില്ല ഇത് അനുവാദമില്ലാതെ കയറിൂടുന്ന ഒരുത്തനാണ് അർബുദ കാര്യത്തില് ഈ മുദ്രാവാക്യം സത്യമാണ് ആദിബല പ്രവൃത്തവും ജന്മബല പ്രവൃത്തവും ആയ രംഗങ്ങളിലാണ് അർബുദാഗമനത്തിന്റെ സമസ്യ ഇരിക്കുന്നത് കോശങ്ങളാണ് ഡിഫറൻഷിയേറ്റഡ് സെൻസ് കലിത കോശങ്ങളാണ് ും അത് പാക അർബുദ സ്വഭാവിയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഉണ്ടാവില്ല മുൻവിധി അനുസരിച്ച് നേരത്തെ തീരുമാനിച്ചു വെച്ചവയാണെങ്കിൽ മാത്രം അതുകൊണ്ട് അത് ബീജസങ്കലത്തിന്റെ ഇതിഹാസമാണ് എഫ്സിൽ അത് തീരുമാനിക്കുന്നത് പ്രീ നേച്ചൽ തന്നെ ഡെവലപ്മെന്റ് മുഴുവനായി കോശ വിഭജനത്തിന് തുടക്കം കുറിക്കുന്ന എട്ടാഴ്ചകൾക്കുള്ളിൽ അവിടെ ഏതാണ്ട് ഇരുപതും പന്ത്രണ്ടും മുപ്പത്തിരണ്ട് വിഭജനം നടക്കും ആ എട്ടാഴ്ചകൾക്കുള്ളിൽ അർബുദം ഉൽബത്തിലുളവാകുന്നൊരു പ്രതിഭാസമാണ് അവിടെ വെച്ച് തന്നെ ഒരനുകൂല പരിതസ്ഥിതി കിട്ടിയ പരിണമിക്കാൻ തയ്യാറായി കോശങ്ങൾ തയ്യാറാവുക ഇരുപത് വിഭജനങ്ങൾ കോശത്തിൽ ഏതാണ്ട് ഒമ്പതാമത്തെയും നാൽപ്പത്തിരണ്ടാമത്തെയും ദിവസങ്ങൾക്കിടയ്ക്ക് സംഭവിച്ചിരിക്കും ബീജസങ്കലനം കഴിഞ്ഞ് ഒൻപത് മുതൽ നാല്പത്തിരണ്ട് ദിവസങ്ങൾ വരെയുള്ള ദിവസങ്ങൾക്കിടയ്ക്ക് സംഭവിച്ചിരിക്കും ബീജസങ്കലനം കഴിഞ്ഞ് നാൽപ്പത്തിരണ്ടാമത്തെ ദിവസത്തിനും ജനനത്തിനുമിടയിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങൾക്കിടയിൽ പന്ത്രണ്ട് വിഭജനം നടന്നിരിക്കും അങ്ങനെ മുപ്പത്തിരണ്ട് വിഭജനങ്ങൾ മാത്രം പ്രീ നേറൽ പീരീഡിൽ ഉണ്ടാവും അമ്പത്തിയാറ് ദിവസം എട്ടാഴ്ച ഗർഭാധാനത്തിന് തുടർന്നും ജനനത്തെ തുടർന്നും പ്രാധാന്യമുള്ളതായി നിങ്ങളുടെ പൂർവികർ കരുതിയിരുന്നു മനസ്സിലായില്ല പണ്ടൊക്കെ വാതിൽപ്പുറം കാണിക്കാന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് വാതിൽ പുറപ്പാട് കേട്ടിട്ടില്ല ഒന്നും കേട്ടിട്ടില്ല കുട്ടിയെ പുറം കാണിക്കുക അതിനൊക്കെ ഇത്ര ദിവസം കഴിയണമെന്നുണ്ട് സൂര്യപ്രകാശമൊക്കെ നേരത്തെ അടിക്കാൻ കാരണം കോശം ഉൽപത്തിൽ കിടന്നിടക്കുന്ന പുറത്തു വന്ന് നേരിട്ട് സൂര്യപ്രകാശത്തെ തട്ടുന്നതായാൽ അതിലെ ചില പ്രകാശ രശ്മികൾ അൾട്രാവയലറ്റ് പോലുള്ള രശ്മികൾ കുട്ടിയുടെ ശരീരത്തിൽ തട്ടിയാൽ കലിത കോശങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാനുള്ള സാധ്യത ഡിസ്ക് പോലെ തലയിലും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡിസ്കോപ്ലാറ്റസ് എസ് വളരെയധികം വൈകല്യങ്ങളിലേക്ക് പിന്നെ കൊണ്ടുപോകാനിടയുണ്ട് യൊക്കെ അവലംബിച്ച് ആചാരങ്ങളെപ്പോലും സംശുദ്ധമാക്കി വെക്കാൻ കഴിഞ്ഞ ഒരു തലമുറയുടെ അറിവ് മുഴുവൻ വലിച്ചെറിഞ്ഞ് നിങ്ങൾ ഓടിയത് രോഗാതുരമായ ഒരു സമൂഹത്തിന്റെ മധ്യത്തിലേക്കാണ് വ്യക്തമായ പഠനങ്ങളോ വ്യക്തമായ അന്വേഷണങ്ങളോ ഇല്ലാതെ ആഡംബരത്ത് മാത്രം ഭ്രമിച്ച് അപ്പൻ അപ്പൂപ്പന്മാരുടെ അറിവുകൾ മുഴുവൻ ജനജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു നിന്നിട്ടും അത് വലിച്ചെറിയാൻ തയ്യാറായ നിങ്ങൾ അനുഭവിച്ചു കൂട്ടേണ്ടത് ഇന്നും നിങ്ങൾക്ക് ഭരണഘടനയോ നിയമമോ ഇന്നും നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചു എന്ന് പറയുന്ന ഊർജ്ജതന്ത്രമോ രസതന്ത്രമോ നിങ്ങൾ ഇന്നും പഠിച്ചറിഞ്ഞു എന്ന് വിചാരിക്കുന്ന മറ്റുള്ളതോ ഒരു തൊഴിൽ എന്ന നിലയിൽ മറ്റൊരു ശരീരം പരീക്ഷിക്കുമ്പോൾ കണ്ടെത്താമെന്നല്ലാതെ ഒരാപന്ധിയിൽ സ്വന്തം അറിവിന് പ്രയോജനപ്പെടാതിരിക്കെ മനസ്സിലായില്ല ഒരു ജനതയുടെ നിത്യജീവിതത്തിലേക്ക് അറിവുകൾ മുഴുവൻ ആചാരങ്ങളും വിചാരങ്ങളുമായി ഇറങ്ങിച്ചത് ഒരു കമ്പനിയുടെയും സഹായമില്ലാതെ സ്വർണവും വെള്ളിയും ചെക്കും ഏതൊരു ചെടികളിൽ അന്തസ്ത ചൈതന്യമായി എന്ന് വരെ അറിഞ്ഞു ആ ലോകങ്ങളും അതുപോലെ തന്നെ അതിനേക്കാൾ സൂക്ഷ്മങ്ങളായിരിക്കുന്ന ഒട്ടേറെ സിന്തറ്റിക്കുകളും ഏതെല്ലാം ചെടികൾ വഹിക്കുന്നുവെന്നും അത് എത്ര സൂക്ഷ്മമായിരിക്കുമെന്നും അത് എങ്ങനെ പ്രയോഗിക്കണമെന്നും അത് എടുത്ത് ഉപയോഗിച്ചാൽ എങ്ങനെ ഈ രോഗാതുരമായ സംസ്കൃതിയിൽ നിന്ന് മോചനം നേടാമെന്നും ഓരോ അമ്മയും ഓരോ കുഞ്ഞിലേക്ക് കൊടുത്തുവിടുവാൻ പാദത്തിന് അറിഞ്ഞിരുന്ന ഒരു സംസ്കൃതിയിൽ നിന്നാണ് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ആയിരക്കണക്കിന് രൂപയും ചെലവഴിച്ച് പഠിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിത്യജീവിതത്തിലേക്ക് അതിലൊന്നുപോലും ഉപയോഗിക്കാൻ കഴിയാതെ അതിന് തെരഞ്ഞെടുത്തു വെച്ചിരിക്കുന്ന കൂലിക്കാരെ മാത്രം കണ്ട് ചികിത്സിക്കേണ്ടി വരുന്ന ഒരു സംസ്കൃതിയിലേക്ക് നിങ്ങൾ എത്തിയത് അതിനെ നിഷേധിച്ചതിന്റെ പിന്നാമുറ കാഴ്ചകൾ മാത്രമാണ് അതിന്റെ തിക്തഫലം നിങ്ങൾ ഇത്രയൊന്നും അനുഭവിച്ചാൽ പോരാ വിഷമൊന്നുമില്ല ഈ അറിവ് മുഴുവൻ നശിപ്പിച്ചത് നിങ്ങളുടെ പൊങ്ങച്ചവാണ് ആ പൊങ്ങച്ച നിർത്തിയാൽപം വിനയം ഉണ്ടായാൽ മതി കാരണം ആ ജനിതകങ്ങൾ നിങ്ങളിൽ ഉണ്ടാവും തന്തടയും തള്ളടയും അതിലറിവുകൾ ഉണ്ടാവും പുസ്തകത്തിൽ ഇല്ലാത്തവർ കുഞ്ഞ ശിരസോടെ കുക്ഷബോധത്തോടെ ആൽപ്പവും ഇരുന്നാമതി അത് തെളിഞ്ഞുവരും യാതൊരു വിവരവും ഇല്ലാതിരിക്കുമ്പോഴും ഏതോ പരീക്ഷ എഴുതിയതിന്റെ പേരിൽ ഇംഗ്ലീഷ് ഭാഷയിലെ ഏതോ അക്ഷരങ്ങൾ നിരത്തി എഴുതിയാൽ വിവരമായി എന്ന് തെറ്റിദ്ധരിച്ച് തന്തയും തള്ളയേയും നിഷേധിച്ച നിങ്ങളുടെ നിഷേധ പ്രക്രിയയിലാണ് ഇത് അത്രയും സംഭവിച്ചത് ശരിയല്ല ഞാൻ പറഞ്ഞു തിരിച്ചു പോകുക എടുപ്പ തിരിച്ചു പോകാൻ പാകത്തിന് പൊങ്ങച്ച കളയാ അതാ വെട്ടോ പൊങ്ങി പോയില്ലേ പൊങ്ങുന്നൊക്കെ പതിരാണെന്നെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ പൊങ്ങാതിരുന്നേനെ വേറ്റ് ചെയ്യാൻ പൊങ്ങുന്നതെല്ലാം പതിരാ അതിൽ പെട്ടുപോയില്ലേ ഞാൻ പറയുന്ന ശാസ്ത്രത്തെക്കാൾ നിങ്ങൾ എന്നോട് ദേഷ്യം വരിക എന്നിരുന്നാലും ഞാനങ്ങനെ പറയാതിരിക്കുന്നു നിങ്ങളെ കാണുമ്പോൾ അത് വളരെ ആലോചിച്ച് നോക്കേണ്ടതാണ് അപ്പൊ നല്ലപോലെ അറിഞ്ഞിട്ടാണ് അവര് കാരണം അൻപത്തിയാറ് ദിവസം എട്ടാഴ്ച അതൊക്കെ അന്ധവിശ്വാസമാണെന്നും അനാചാരമാണെന്നു ആ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പഠിച്ചതിനകത്ത് ശാസ്ത്രീയമായി അതാണ് ഇതിനകത്ത് രസം എയ്റ്റ് ബീക്സ് ഗർഭാധാനത്തെ തുടർന്നും ജനനത്തെ തുടർന്നും വകയിരുത്തുമ്പോൾ സംസ്കാര കർമ്മങ്ങളുടെ പ്രാധാന്യവും മനസ്സിലാക്കേണ്ടതാണ് ഗോത്രസൂത്രാധികളുമൊക്കെ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ കൂടുതൽ അത്ഭുതം കിട്ടും അകൂടാം അപ്പോൾ ചുരുക്കത്തിൽ അത്ഭുതം കോശസ്ഥിതമായ ഒന്നാണ് അത് അപക്ഷയത്തിനുള്ളൊരു പദ്ധതിയാണ് ഉച്ചാരണം ചിലബന്ധിച്ചിരുന്നു ാണ് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക നാമെല്ലാം ചില ശ്രുതി വന്ന ബീജഭാഗ അവയവങ്ങളോടെയാണ് ജനിക്കുന്നത് ഡി വി എൻ ജീൻസ് ഡി ബി എൻ്റെ ജീൻസ് ശുതമായ ജനിതക ഭാഗ അവയവം ജീവഭാഗ അവയവം ാണ് ജനിക്കുന്നത് അവ ബീജാഗ അവയവ സംബന്ധിയായ ജനിതക സംബന്ധിയായ ഭാരത്തെ ഉടവാക്കുന്നു ജനറ്റിക് ലോൺ അത് നടത്തിയ നിർണായകങ്ങളായ പഠനങ്ങളിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ജനറ്റിക് ലോൺ അത് നമ്മെ നൈസർഗികമായൊരു പദ്ധതിയിലൂടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ആ ജനിതക ഭാരം നമ്മെ നൈസർഗികമായി അവസാനിപ്പിക്കും ആ ഇടനാഴിയിൽ വെച്ച് തൻ്റെ പാരമ്പര്യത്തിന്റെ പാപഭാരം ഇറക്കി വെക്കുന്നതാണ് പാരമ്പര്യ രക്ഷിതാവാകാൻ ആഗ്രഹിക്കുന്ന ഒരു ഭഗീരഥൻ തന്നെ ആകുന്നതിന് പകരം പൈതാമഹ സംപ്രാപ്തമായ പാപബോധത്തിന്റെ നിത്യനരകത്തിലേക്ക് പതിക്കുന്ന ബീജഭാഗ അവയവം ക്യാൻസർ ജീനോ അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ നിന്ന് ശരീരത്തിലൊന്നോ അതിൽ കൂടുതലോ കേന്ദ്രങ്ങളിൽ കാണുന്നത് ചിന്തിച്ചാൽ ഇപ്രകാരമുള്ള ഒരു ബീജഭാഗ അവയവാരം ജനറ്റിക് ലോഡ് ആണോന്ന് പറയാം വംശക്രാന്തിയെയും അർബുദഘോശങ്ങളെയും പറ്റി പറയുമ്പോൾ പാരമ്പര്യം പാരമ്പര്യവും Vruna Gosya Siddhāndhavu Parasperyam Bulatunnu Ennu parayinnadu Namukku gana avunada Genetic and epigenetic mechanisms are integrated in the animals constitution in such a way that breakthrough of adherent populations is possible only at a level consistent with survival and propagation of സ്വഭാവം വ്യക്തിയുടെ ഘടനാ വൈചിത്യത്തിൽ അവിഭാജ്യ ഘടകമാണെന്ന് അത് വർഗ ശുദ്ധീകരണത്തിന് കാരണവുമാണെന്ന് ഇവിടെയെല്ലാം അർബുദത്തെ പഠിച്ചാൽ അത് രോഗമെന്നതിനേക്കാൾ വാർദ്ധക്യമാണെന്ന് ബോധ്യമാവും വാർദ്ധക്യത്തിന് ചികിത്സയില്ല മനസ്സിലായില്ല രസായനമേയുള്ളൂ പ്രാചീനരുടെ കയ്യിൽ അതുകൊണ്ട് അവരുവല്ലോ ചെയ്താൽ ചെലവൻ രക്ഷപ്പെടുന്നത് ബാക്കിയുണ്ടെങ്കിൽ അവര് പറയുന്ന പോലൊക്കെ കേട്ടാൽ ചിലപ്പോ എങ്ങനെ വരെ രക്ഷപ്പെട്ടെങ്കിലായി അല്ലാതെ വാർദ്ധക്യത്തിന് ചികിത്സയില്ല വാർദ്ധക്യജന്യം തന്നെയാണിത് ഒരു സ്പീഷീസില് ഇൻഡർ സ്പീഷീസ് റിലേഷൻസ് വരുമ്പോ അത് തപിക്കുന്നുണ്ട് ആ താപം ഒരു ജെനറ്റിക് ലോഡായിട്ട് തീരും ആ ഭാരം ഒന്ന് അരക്കി വെച്ച് മൃത്യു വരിച്ചാൽ ആ വർഗത്തിൽ താനും തന്റെ വംശാവലിയും തീർന്നുകിട്ടും മനസ്സിലായില്ല ശുദ്ധീകരണം മനസ്സിലായി ഇത് വളരെ നിർണായകമാണ് സ്പീഷീസിന്റെ പറഞ്ഞേ ജാതിയുടെ അല്ല ഹോമോസാപ്പിയൻസ് ഒക്കെ പല ഒരേ സ്പീഷീസിൽ പല ഘടകങ്ങളുണ്ട് ഒരു ഫാമിലി അതിൽ പലതുണ്ട് എല്ലാ ജീവികളിലും ഉണ്ട് പാമ്പുകൾ ധർമ്മീകരങ്ങൾ മണ്ഡലികൾ ഒക്കെ ഇല്ലേ മനസ്സിലായില്ലേ അതുപോലെ കേരളത്തിൽപാടെണ്ണമുണ്ട് മനസ്സിലായി അതുപോലുണ്ട് അതുകൊണ്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇന്ന് അവസാനിപ്പിക്കാം ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് അത്ര സുഖമായിരിക്കാൻ വഴിയില്ല ഇത് പറയുന്നു ആഗ്രഹമെങ്കിലും ഉണ്ടായാൽ നമ്മൾ കാരണം വളരെ വിപുലമായൊരു അതിനെ സമീപിക്കുമ്പോൾ എല്ലാ വഴികളും സമഗ്രമായി ചിന്തിച്ച് പഠിച്ചില്ലെങ്കിൽ ഫലമൊന്നും കിട്ടില്ല അങ്ങനെ പഠിച്ചിട്ട് വേണമല്ല മരുന്ന് കൊണ്ടേ കഴിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് കബളിപ്പിക്കപ്പെടും അറുപത് കൊല്ലം കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് ഒരർബുദം കൊണ്ട് തീർത്ത് കുത്തുവാളയെ എടുത്ത് നടക്കാം ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ഉണ്ടാക്കി അഭിമാനിച്ച തന്ത പിറ്റേ ദിവസം രാവിലെ മകൻ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോ ഇതാണ് സാധനം എന്നറിഞ്ഞാൽ സമ്പാദിച്ചത് തീർന്ന് മകൻ സമ്പാദിച്ചതും തീർന്ന് അച്ഛനും അമ്മയും എഴുതി കൊടുത്ത കുടുംബത്വം തീർത്ത് പിന്നെ കൊറേ കടവും വാങ്ങിച്ച് മകനെ ഏൽപ്പിച്ച് സുഖമായി പെട്ടിയിൽ കിടക്കാം ശരിയല്ല അത്രയുള്ളി പൊങ്ങച്ച അത് ഒന്ന് ആലോചിച്ചാൽ മര്യാദ അതാ നിനക്ക് വേണ്ടി ആ വീട് അവർക്ക് വേണ്ടി ആ വീട് ഇന്നവന് വേണ്ടി ഇന്നത എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ശരിക്കൊന്ന് ചികിത്സിച്ചാൽ ഇതെല്ലാം തീർന്ന് ശരിയല്ല എല്ലാം കഴിഞ്ഞ് അവസാനം പിള്ളേരും ചിരട്ട എടുത്ത് നടന്നാൽ കഞ്ഞി കുടിക്കുമെന്ന വരുവത്തിലാക്കി തന്തയും തള്ളയും ഒക്കെ പിരിയുമ്പോ ദുഃഖം ആലോചിച്ചു വെക്കുന്നത് നല്ലതാണ് അന്നേരം പക്ഷെ മലയാളി സമയത്ത് ആരംഭിച്ചാൽ പോരെ ശരിയെന്നാൽ ഇന്ന് അവസാനിപ്പിക്കാം നമസ്കൃത്യ നരം ദൈവ നരോത്തമം ദേവി സരസ്വതി